അനന്ത സർവലോകാനാം പരമം തം ബദനം സൻവേദം സൻഗരായൈശ്ചം പാദരായോ സുപ്രമഷ്യോ വദേവന്തോ നമഃ സദാ ശിവസമരഃ ഭവ സൻഗര ശ്രീനാരായണ ഗുരുദേവന്റെ അനുസംബാദ ശിതത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണ സാധന ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നതെന്നാണ് നിങ്ങളെ അറിയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു ഗുരുദേവന്റെ സമുജ്വലമായ ചിന്തയുടെ ബഹുസ്ഫുരണമാണ് ഈ കൃതി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ സമുചിതമായ ഒരു ദാർശനിക വിഷയമാണ് ഗുരുദേവൻ അവതരിപ്പിക്കുന്നത് മനുഷ്യൻ എത്രത്തോളം ആധ്യാത്മികതയിൽ നിന്ന് അതന്നു എത്രത്തോളം ലൗകികതയിലേക്ക് വഴുതി വിളു എന്ന് തിരിച്ചറിയുവാൻ യോഗവാസിഷ്ടത്തിൽ രാമനോട് വസിഷ്ഠൻ പറയുന്നൊരു സന്ദേശമുണ്ട് അജ്ഞാനമാണ് ഈ സംസാരം അതെത്ര കണ്ട് നവീകരിക്കുവാൻ പദ്ധതികളും ക്രമബദ്ധമാക്കുവാൻ ലൗകിക നീതികളും ചമയ്ക്കുന്നുവോ അത്ര കണ്ട് അപകടം കൂടുമെന്ന അർത്ഥത്തിൽ വസിഷ്ഠൻ രാമലോളിക്കുന്നൊരു നിർദ്ദേശമുണ്ട് അജ്ഞാനിയുടെ പ്രസാദമാണ് ഈ സംസാരം അതിന്മേൽ നടത്തുന്ന എല്ലാ രൂപകൽപ്പനകളും അവന്റെ തന്നെ വിനാശത്തിന് ആക്കം കൂട്ടുകയല്ലാതെ ആനന്ദ ഉപാധിയായി വർത്തിക്കുകയില്ല അതായിരിക്കാം ഒരുപക്ഷെ ഈ അനുകമ്പാ ദശകത്തിനും പ്രചോദനം ശ്രദ്ധേയമായ രണ്ട് തലങ്ങളിൽ ഊന്നിയാണ് ഈ കൃതി ഗുരുദേവൻ അരോട് ചെയ്യുന്നത് സാധക സിദ്ധ പരിമാണത്തിൽ നിലകൊണ്ടുകൊണ്ട് ഹേ കരുണാകര നിന്റെ തിരുമൈവിട്ടകരാത്ത ചിന്ത അത് സദാ സർവതാ എന്നിൽ നിലനിൽക്കണം ഈ പ്രാർത്ഥനയാണ് പൗരാണികരുടേത് വേറൊന്നും എനിക്ക് ആവശ്യമില്ല ഈ ലോകത്തിലെ സമസ്ത സൗഭാഗ്യങ്ങളും ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൽപ്പെടുന്ന സമസ്ത ദൃശ്യവിന്യാസങ്ങളും നഷ്ടപ്പെട്ടാലും ഞാൻ അല്പം പോലും ദുഃഖിക്കില്ല എന്റെ ചിന്തയിൽ നിന്റെ തിരുമയുള്ളിടത്തോളം കാലം ഭക്തിയുടെ യഥാർത്ഥ സ്വരൂപം ഇതുമാത്രമാണ് ആധുനിക ലോകത്തു നിന്ന് പൂർണ്ണമായി തിരോധാനം ചെയ്യപ്പെട്ടതും ഇതുതന്നെയാണ് ഭഗവാനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ിയും കിട്ടിയിട്ടില്ലാത്ത ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനും നിങ്ങളും ഉപവാസങ്ങളും ആരാധനകളും ക്ഷേത്ര എല്ലാം ആധുനിക ലോകത്ത് ആത്മ വേണ്ടിയല്ല ലോകമെമ്പാടും ജനങ്ങൾ ചെയ്യുന്നത് ആത്മലാഭത്തിന് വഴിപാടുകളും കണ്ടുകാഴ്ചകളുമൊന്നുമില്ല പ്രായണ ക്ഷേത്രവും ക്ഷേത്രാചാരവും ഉപാസനകളുമെല്ലാം ായ ഭൗതിക ലക്ഷ്യങ്ങളാക്കി മാത്രമാണ് അതിന് വെളിയിൽ ആധുനിക ലോകത്ത് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ് ഞാൻ പറയുന്നത് അധികമാകുന്നില്ല എന്ന് ഞാൻ തന്നെ വിചാരിക്കണ്ടയോ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കൊരു സംശയം അതുകൊണ്ടാണ് ചോദിക്കുന്നത് വിവാഹം ധനം ജോലി ഇതൊക്കെ ഭൗതികമാണ് ഭൗതികങ്ങളായ ഈ ആവശ്യങ്ങൾക്ക് മറ്റു വഴികളെല്ലാം അടയുമ്പോൾ ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനുമെല്ലാം ഒരുപോലെ ഈശ്വരനിലേക്ക് തിരിയുന്നത് എല്ലാത്തരം പൂജകളും എല്ലാത്തരം ഹോമങ്ങളും എല്ലാം അതിനാണ് അത് വളർന്നു വളർന്നു വളർന്ന് ഇതിൽ തന്നെ ഗുരുദേവൻ സ്മരിക്കുന്ന രംഗങ്ങളെപ്പോലും അതിൽക്കടമായ വ്യവസായത്തിന്റെ ലൗകിക മേഖലകളിൽ ഇന്ന് ഉദ്ദേശിച്ചുമുണ്ട് ഈ കാലഘട്ടത്തിൽ ഗുരുദേവന്റെ ഈ കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാം ഭാഗം കരുണാകര മറ്റേ കരുണാകരൻ അല്ല ഈ കരുണാകര കരുണാകര എന്നിപ്പം വിളിച്ചാല് കുഴപ്പമുണ്ടാകുന്ന കാലവുമാണ് അതുകൊണ്ട് ആ കരുണാകരനോട് പ്രാർത്ഥിക്കുന്നത് നിന്റെ തിരുമയും വിട്ടകലാത്ത ചിന്ത എന്നിൽ സദാ സർവത നിലനിൽക്കണം അതാണ് ഭക്തി ഉത്കടവും ഉത്തമവുമായ ഭക്തി ഒന്നാം ഭാഗം എന്നതിനെയാണ് വിശേഷിപ്പിക്കുക എപ്പോഴാണ് ആ ചിന്ത വരുന്നത് അനുകമ്പയുണ്ടാകുമ്പോഴാണ് ആത്മാനുഭൂതിയിലേക്കുള്ള മാനവന്റെ പ്രയാണം ആരംഭിക്കുന്നത് തന്നെ അവനിൽ അനുകമ്പ വഴിഞ്ഞൊഴുകുമ്പോഴാണ് പലരും വിചാരശീലത്തിലൂടെയും യുക്തിയിലൂടെയും ഒക്കെ ഈശ്വരനെ സമീപിക്കാറുണ്ട് അടുത്ത കാലത്തായി ഭാരതീയരീശ്വരനെ തേടുന്നത് പാശ്ചാത്യരുടെ യുക്തി മാതൃകകളിലൂടെയാണ് അത് അന്വേഷിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈശ്വരനിൽ നിന്നും വളരെ ദൂരെയാകുന്നു താർക്കശ്യം വന്ന യുക്തിയിൽ തനിക്ക് താൻ മോരിമയുണ്ടാകുമെന്നല്ലാതെ ഈശ്വരാനുഭൂതിയുടെ ഒരംശവും സംജാതമാവുകയില്ല ഈശ്വരനിലേക്കുള്ള യാത്രയിൽ അനുപേക്ഷണീയമായി സാധകനുണ്ടായിരിക്കേണ്ടത് അനുകമ്പയാണ് നുഭവപ്രധാനമായ അദ്വൈതം വിളങ്ങണമെങ്കിൽ സകലചരാചരാന്തർഭൂതമായ ബോധം തന്നെയാണ് ഞാനെന്ന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരു ജീവിക്കു പോലും ഒരു പീഡയും ഉണ്ടാകരുതെന്ന് ോധമുണ്ടാവുന്നു അത് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല ഈ ഗുണങ്ങളൊന്നും പഠിപ്പിച്ച് നേരെയാവുമെന്നുമില്ല അതുകൊണ്ട് ആദ്ധ്യാത്മിക വിദ്യ പഠിപ്പിച്ച് നേരെയാകുമെന്നൊന്നും കരുതരുത് ശ്രവണം കൊണ്ട് കുറെ മനോമാലിന്യം മാറി ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ കാരുണ്യമൊക്കെ വന്നാൽ ഉത്തമമായി കാരുണ്യമൊന്നും ആരെയും പഠിപ്പിക്കാനാവില്ല അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കാരുണ്യം പഠിപ്പിച്ചു വിടുമെന്നൊന്നും കരുതണ്ട അത് നിങ്ങൾക്കുണ്ടെങ്കിൽ തെളിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ കുറെ കൂടി തോന്നും അത് നിങ്ങൾ നോക്കിയിരുന്ന് നിങ്ങളെ കാണുക ഞാൻ ഏതായാലും അത് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആമുഖമായി അനുകമ്പ ഒരു ജന്മഗുണമാണ് അതിന് യുക്തികളൊന്നുമില്ല നിങ്ങളിന്ന് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും മറ്റൊരാളെ സഹായിക്കുമ്പോഴുമൊക്കെ നിങ്ങളിലൊരു ബോധമിരുന്ന് കൊടുക്കാനോ കൊടുക്കരുതെന്നോ പറയുന്നുണ്ട് അതിന് വേറെ തീരുമാനമൊന്നുമില്ല നിങ്ങൾ കൊടുക്കാത്തവനാണെങ്കിൽ മറ്റൊരാൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് സഹിക്കില്ല നിങ്ങളുടേതൊന്നും എടുത്തു കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്കൊരു നഷ്ടവും വന്നില്ലെങ്കിലും വേറെ ആരെങ്കിലും കൊളുക്കുന്നത് കണ്ടാൽ പോലും ഒരു തരം സഹിക്കവയ്യാഴിക ആധുനികൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവെ വർഷത്തിലൊരിക്കലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു പോകാനാണ് എന്നെ നിങ്ങൾ വിളിക്കുന്നതും അത് സമർത്ഥമായി എത്രത്തോളം നിർവഹിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ എൻ്റെ ഒന്നും എഴുത്ത് കൊടുത്തില്ലെങ്കിലും എനിക്കൊരു നഷ്ടവും വന്നില്ലെങ്കിലും മറ്റൊരുവൻ സഹായിക്കുന്നതും കൊടുക്കുന്നതും കണ്ട് സഹിക്കവയ്യാഴികയാണ് വിദ്യാഭ്യാസം ആകെ ആധുനികന് നേടിത്തന്ന സൗഭാഗ്യം എനിക്ക് എന്നോട് പറയാം എസ് ഓർ നോ സംശയമൊന്നുമില്ല ഇതാണ് ലോകത്തിൽ നിന്ന് കാണുന്നത് ആരെന്തു പറഞ്ഞാലും എനിക്കാ രംഗത്ത് സഹായിച്ചേ പറ്റൂ കൊടുത്തേ എനിക്കറിയില്ല എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇതിലടങ്ങിയൊരാധ്യാത്മികതയുണ്ട് ഇതിലേ ആധ്യാത്മികതയുള്ളൂ അതിന് യുക്തികളൊന്നുമില്ല അതൊക്കെ ബാക്കിയുള്ളവരുടെ ജോലിയാണ് മറ്റുള്ളവരോട് അനുകമ്പ തോന്നി ചെയ്യുന്നവനോട് നിങ്ങൾ ചോദിക്കുകയാണ് നീ എന്താണ് ആ സമയത്ത് ചെയ്തത് ഒരുത്തനോട് ഒരുത്തരം പറയും മറ്റോന്നൊന്ന് ചോദിച്ചാൽ വേറൊരുത്തരം പറയും അവരോടുള്ള അനുകമ്പ കൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റിയൊരു ഉത്തരം പറയുന്നുവെന്നല്ലാതെ വളരെ തത്വനിഷ്ഠമായി വേറൊരാളെ ചോദിച്ചാൽ അറിയില്ല എന്റെ സ്വഭാവമാണത് ഇത് നേടിയോ നിങ്ങൾ നിങ്ങൾ ആധ്യാത്മികതയുടെ ലോകത്താണ് ഇത് നേടിയിട്ടില്ലേ ലക്ഷക്കണക്കിന് തത്വശാസ്ത്രം പഠിച്ചാലും ഭഗവത്ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളിൽ കാണാതെ ചൊല്ലിയാലും ക്ഷരസ്ഫുടതയോടുകൂടി ഭാരതത്തിൻ്റെ വേദങ്ങളും ഉപനിഷത്തുകളും മുഴുവൻ പറയാനോ പഠിപ്പിക്കാനോ കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ആധ്യാത്മികതയില്ല ഇഷ്ടപ്പെടുവോ എനിക്കിഷ്ടപ്പെടുന്നില്ല കാരണം യുക്തിപൂർവം വേദവേദാംഗങ്ങളൊക്കെ പഠിച്ച് ഞാനൊരു ആധ്യാത്മിക ജീവിയാണെന്നും അത് വ്യാഖ്യാനിക്കാൻ അറിയാമെന്നും അതൊക്കെ വ്യാഖ്യാനിച്ചാൽ ആധ്യാത്മികതയായെന്നും ഒക്കെ വിചാരിക്കുന്നവനാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല ആ എനിക്ക് ലോകത്തോട് ഒരുതരം കരുണ വേണ്ടെന്നും ഒരു ബന്ധവുമില്ലെന്നും ഞാൻ മാത്രമേ സത്യമുള്ളൂ എന്നും ഒക്കെ വിചാരിക്കുന്നവനാണ് ഞാൻ എന്നെ എത്രത്തോളം പറഞ്ഞാലും നിങ്ങൾക്ക് ദേഷ്യം വരില്ല നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനിവിടുന്ന് ഒരു നടയ്ക്കങ്ങ് പോവില്ല അങ്ങനെയുള്ള എന്നോട് എൻ്റെ വേറൊരു സ്വരൂപം വന്ന് പറയുകയാണ് ഇത് ആധ്യാത്മികതയല്ല ഇത് ജാടയാണ് ജാർഗനാണ് ആധ്യാത്മികത കരുണയാണ് അനുകമ്പയാണ് എനിക്കിഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാൻ തീരെ സാധ്യതയില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇതിലെ വിഷയം അനുകമ്പയാണ് ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് നല്ല കയറാം ഗുരുദേവനെ കുറിച്ചൊന്ന് ഞാൻ പറയേണ്ടതാണ് എനിക്ക് തോന്നുന്ന കാരണം നിങ്ങൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുദേവൻ പല ഭാവങ്ങളും കൈക്കൊണ്ട അവസ്ഥയിലുമായിട്ടുണ്ട് ആ നിലയിൽ അതിൻ്റെ തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒന്ന് പറയാം അനുകമ്പയുടെ നിറകുടമായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് വ്യക്തതവും സുദൃഢവുമായ ഒരു ദർശനമുണ്ടായിരുന്നു അദ്വൈത ദർശനം ശങ്കരന്റെ മതം അത് അർത്ഥശങ്കയില്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതിലും ആവർത്തിക്കുന്നുമുണ്ട് തൻ്റെ ദർശനത്തെ ഇതര ുദ്ധിജീവികളുമായി താരതമ്യം ചെയ്യാനാവാത്ത വിധം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ബ്രഹ്മസൂത്രത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു നമ്പൂതിരി ചെല്ലുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നെ രാവിലെ തുടങ്ങിയ ചർച്ചയായിരുന്നു അവശൂദ്രാധികരണമായിരുന്നു വിഷയം സൂദന വേദം പഠിക്കരുത് എന്നുള്ളതിലായിരുന്നു നമ്പൂതിരി നിലകൊണ്ടിരുന്നത് അതിൻ്റെ ന്യായാന്യായങ്ങളെല്ലാം ശ്രുതിയും സ്മൃതിയും വെച്ച് ഗുരുദേവനും സംസാരിച്ചു ഉച്ചയായി ഭക്ഷണത്തിന് സമയമായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടുമെല്ലാം ആനന്ദതീർത്ഥൻ ബോധാനന്ദൻ ധർമാനന്ദൻ തുടങ്ങിയ ശിഷ്യന്മാരുമൊക്കെ ഉണ്ട് അവരോട് ഉണ്ണി നമ്പൂരിയോടുമൊക്കെ ഭക്ഷണം കഴിച്ച് വരാൻ പറഞ്ഞ് മുറിയിലേക്ക് പോയി ഉച്ച കഴിഞ്ഞ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ചു അദ്ദേഹം എന്തെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞു ആ ജാതിക്കോമരം ഇവിടുന്ന് കഴിക്കില്ല അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം കഴിക്കാതെ നിങ്ങൾ എങ്ങനെ കഴിച്ചു നാരായണ ദുരുവുമെന്ന് ഭക്ഷണം കഴിച്ചില്ല ഉച്ചയ്ക്ക് കാരണം അദ്ദേഹത്തിന് അറിയമായിരുന്നു വന്നയാളില് ജാതീയതയുണ്ട് ശിഷ്യന്മാർക്കും അതുണ്ട് അവരും സവർണ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾ കൊങ്കണ ബ്രാഹ്മണനാണ് മറ്റൊരാൾ നായരാണ് അതുകൊണ്ട് അവർക്കത് വേഗം തിരിച്ചറിയും അതുകൊണ്ട് അവർ ഭക്ഷണം കൊടുക്കാൻ വഴിയില്ല നാരായണഗുരു ചോദിച്ചു അദ്ദേഹം കരിക്കും കഴിക്കില്ലേ ഇവിടെ പാചകം ചെയ്തതല്ലേ കഴിക്കാതിരിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ വൈശ്വാനരൻ ആഹാരത്തിന് വെമ്പിയിരിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ കഴിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് കരികോ കൊടുത്തു കഴിഞ്ഞ് പഴങ്ങളുമൊക്കെ കൊടുത്തു കഴിഞ്ഞ് മാത്രമാണ് നാരായണ ഗുരു വന്ന് കഴിച്ചതും ചർച്ചയിൽ പങ്കെടുക്കുന്നു ഈ നാരായണ ഗുരുവിനെ ഈഴവർക്കറിയില്ല അവർക്ക് അദ്ദേഹത്തിൻ്റെ കുറെ ഫോട്ടോകളോ വിഗ്രഹങ്ങളോ വെക്കാനറിയുള്ളൂ ഈ നാരായണ ഗുരുവി ഞാൻ ആയന്മാർക്കും അറിയില്ല ഈ നാരായണ ഗുരുവിനെ നമ്പൂതിരിക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങളിൽ അതെല്ലാം ഉണ്ടെങ്കിൽ ഇത് പഠിക്കാതിരിക്കുകയാണ് നല്ലത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങളാ ജാതി ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന അനുകമ്പാദശകം നിങ്ങൾക്ക് വെളിവാകില്ല സമയം കളയാതെ വീട്ടിൽ പോയി കപ്പയ്ക്ക് പണിയെടുത്താൽ പത്ത് രൂപയെങ്കിലും കിട്ടും ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരുമെല്ലാം നിലകൊള്ളുന്ന ഔന്നത്യം മനസ്സിലാകണമെങ്കിൽ അവർ ജീവിച്ച അനുകമ്പയുടെ അത്യുദാരങ്ങളായ ലോകങ്ങളിലേക്ക് നമ്മെ എടുത്തെറിയണം അവിടെ ലൗകിക കൃഷ്ണകളുടെ ഒട്ടേറെ ലോകങ്ങൾ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും ഇത്രയും ഒന്ന് ഓർത്ത് ഈ പുസ്തകത്തിലേക്ക് കയറിയാൽ നല്ലതായതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നോക്കാം ശ്ലോകം ശ്ലോകം നോക്കിക്കോളൂ സദ കരുണാകര നൽകുക തിരുമൈ വിട്ടകലാത ചിന്തയും ഹേ കരുണാകര കരുണയെ ചെയ്യുന്നവനായ ഭഗവാനെ കരുണയുടെ ആകരമായവനെ കരുണയുടെ ഇരിപ്പിടമായവനെ ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും എന്റെ ജീവിതത്തിൽ സദാ സർവത ഒരു ജീവിക്ക് പോലും എറുമ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ ജീവി ബ്രഹ്മാതി ആ ാന്തു പ്രോതാജഗാക്ഷിണി എന്ന ചിന്ത വരുമ്പോഴാണ് ഒരു എറുമ്പിൽ പോലും കാണുന്നത് ആ ചൈതന്യത്തെ തന്നെയാണ് അതിന് ഒരു പീഡ വരുത്തരുത് എറുമ്പിനു പോലും എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്കും യാതൊരു ജീവിക്കും എന്റെ വാക്ക് എന്റെ മനസ് എന്റെ പ്രവൃത്തി പ്രവൃത്തി കൊണ്ട് മാത്രമല്ല പ്രവൃത്തി സ്ഥൂലവും വാക്കുപ്രവൃത്തിയേക്കാൾ സൂക്ഷ്മവും മനസ്സ് വാക്കിനേക്കാൾ സൂക്ഷ്മവുമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെയാണ് ഒരു ജീവിക്ക് പോലും പീഡവരുന്നതിന് എന്റെ മനസ്സാഗ്രഹിക്കരുത് അപ്പം മനസ്സിൽ അന്യൻ ആപത്തു വരുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാവരുത് ആയുർവേദത്തിലും പത്ത് കൽപ്പനകളിൽ ഇത് പറയും വ്യാപാതം മറ്റുള്ളവർക്ക് ആപത്തു വരണമെന്നുള്ള വിചാരം ലോകത്തുള്ള ആപത്തെല്ലാം എനിക്ക് വന്നാലും മറ്റുള്ളവരെ അതിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന ആഗ്രഹം ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള അച്ഛൻ അമ്മ മക്കൾ ഭാര്യ സഹോദരങ്ങൾ ഇവരിലൊക്കെ പ്രായണ കണ്ടുവന്നിരുന്നത് ഈ സ്വഭാവമാണ് തീയിലോ തിളച്ച വെള്ളത്തിലോ മറ്റൊരാൾ ഏറ്റുമുട്ടലിന് വരുമ്പോഴോ ഒക്കെ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തി ഞാനത് ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞു പോകാൻ ഓരോരുത്തരും മറ്റുള്ളവനെ രക്ഷിച്ച് തയ്യാറാകുന്നതായിരുന്നു പഴയകാലം വിദ്യാഭ്യാസം കൂടിയപ്പോൾ ഈ എന്നെ രക്ഷിക്കാനുള്ള തത്രപ്പാടാണ് ആധുനികനിൽ കൂടുതൽ അതിനുള്ള മനസ്സും യുക്തിയും അതിനുള്ള ന്യായീകരണങ്ങളും ഒക്കെയാണ് ആധുനിക സാഹിത്യവും ആധുനിക സിനിമയും ആധുനിക ജീവിതവും നമുക്ക് നൽകുന്നത് ശരിയല്ല എനിക്ക് രക്ഷപ്പെടുന്ന വിധി നിങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടില്ല നിങ്ങൾക്കൊക്കെ എല്ലാ ആപത്തും വരും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അച്ഛനായാലും മകനായാലും അപ്പൂപ്പനായാലും മകളായാലും ഭാര്യയായാലും ഭർത്താവായാലും തത്രപ്പെടുന്നത് എത്രത്തോളം ആധ്യാത്മികത ആധുനികർക്കില്ലെന്നറിയാൻ ഇത് മതിയാവും മറിച്ചൊരു ഉറുമ്പിന് പോലും ീടയുണ്ടാവരുത് ചീര നഴുമ്പോൾ അതിൻ്റെ വിത്ത് കൊണ്ടിടുമ്പോ പൊടിയരി ഇട്ടുകൊടുത്തിട്ടുറുമ്പിനോട് പറയും ചീരയരിയേക്കാൾ മുഴുത്തതാണ് അരിയാണ് നീ പെരുക്കിക്കോ നിനക്ക് ആഹാരം തന്നിട്ടുണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല നീ എഴുതി വെച്ച പോലുള്ള ജീവിതമാണുള്ളത് ഇന്ന് അമ്പത് ശതമാനമുള്ള ബി പൗഡർ അല്ലേ അമ്പത് ശതമാനം വീര്യമുള്ള ബി എച്ച് സി പൗഡർ തുള്ളി ഉറുമ്പിനെ കൊന്നിട്ട് വേണം എൻ്റെ മക്കളെ ജീവിപ്പിക്കാൻ ശാസ്ത്രത്തിൻ്റെ വികാസ അവൻ്റെ ജീവിതത്തിലെ അനുകമ്പയില്ലായ്മയുടെ മകുട ഉദാഹരണങ്ങളായി മാറിയിട്ടുണ്ട് ഒരു ഉറുമ്പിന് പോലും പീടെ വരുത്താതെ അടുക്കളയിലൊക്കെ മണ്ണെണ്ണ പോലും പണ്ട് ഉറുമ്പ് ചോറ് വെക്കുക ചെല അമ്മമാര് കുറെ കൂടെ സന്തോഷിക്കുന്നത് അടുപ്പിൽ നിന്ന് ആ കനലുള്ള ചാരം കോരി ഉറുമ്പിൻ്റെ ദേഹത്തിട്ട് അത് പിടഞ്ഞ് മരിക്കുമ്പോഴാണ് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തൻ്റെ മുമ്പിൽ ഭർത്താവോ മക്കളോ ഒക്കെ ഇങ്ങനെ പെടഞ്ഞ് മരിക്കുമ്പോൾ അവരറിയുന്നില്ല അന്നാ ഉറുമ്പ് പടഞ്ഞതുപോലെയാണ് ഈ പറയുന്നത് ഒരേ ജീവനാണ് പഠിക്കണം പഠിക്കണോ ഈ ശ്ലോകങ്ങൾ പഠിക്കണോ പഠിക്കാൻ സമയമായോ അത് പഠിക്കണോന്നല്ലോ ആലോചിക്ക ഗുരുദേവന്റെ ഈ കൃതിയുടെ വ്യാപ്തി ഒരു ഉറുമ്പിനു പോലും മാനസികമായോ ശാരീരികമായോ വാചികമായോ പീഡയുണ്ടാക്കാതെ വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ എല്ല്പ്പോഴും ആ അനുകമ്പയായിരിക്കണം എൻ്റെ സ്വഭാവം എനിക്ക് വേറൊന്നും വേണ്ട ഈ ലോകത്തിലെ യാതൊരു ഭൗതിക സാഹചര്യങ്ങളും എനിക്ക് ജീവിക്കാൻ ആവശ്യമില്ല ഈ അനുകമ്പ മാത്രം മതി എനിക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാം വേറൊന്നും വേണ്ട അനുകമ്പയും സദാ എല്ലായ്പ്പോഴും കരുണാകര കരുണയുടെ ആകരമായിട്ടുള്ളവനെ ഉള്ളിൽ നിൻ തിരുമൈവിട്ടകലാതെ ചിന്തയും എപ്പോഴാണോ സകലചരാചരാന്തർഭൂതനായ നിന്നെ സകല ജീവികളിലും ഞാൻ തിരിച്ചറിഞ്ഞ് അനുകമ്പയുള്ളവനാകുന്നത് എവിടെയാണോ എൻ്റെ വാക്കും മനസ്സും പ്രവൃത്തിയും ഏതെങ്കിലും ജീവിയെ പീഡിപ്പിക്കുന്നത് അപ്പോൾ നീ എൻ്റെ ഉള്ളിലില്ല എത്ര ഞാൻ ഈ ജീവികളെയെല്ലാം പീഡിപ്പിച്ചുവോ അത്രയും കാലം ഞാൻ അജ്ഞനും നീ ഉള്ളിലില്ലാത്തവനുമാണ് എപ്പോഴെല്ലാം ഞാൻ ഈ ജീവജാലങ്ങളോടെല്ലാം അനുകമ്പയുള്ളവനായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ നീ മാത്രമായിരുന്നു ഈശ്വരാന്വേഷണത്തിൻ്റെയും ഈശ്വരാനുഭവത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പരമമായ സത്യത്തെ പ്രഘോഷണം ചെയ്യുന്ന ഒരു സന്ദേശം ഒരു ദർശനം അല്ലാതെ ഉപനിഷത്തുകളും വേദങ്ങളും ഇതിഹാസങ്ങളും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എല്ലാ ജീവികളിലും കരുണാകര നീ ആണിരിക്കുന്നത് ഏതിനെങ്കിലും ഒരു വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി ഞാൻ നിന്ദിച്ചാൽ ആ വേളയിൽ എന്നിൽ നീയില്ല നീ എന്നിലില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും ജഡമാണ് ചൈതന്യമല്ല ഈ ഒരു സത്യമാണ് ആദ്യത്തെ ശ്ലോകം തരുന്നത് എത്ര ലളിതമായി എത്ര മനോഹരമായി വളരെ ഉന്നതമായൊരു ചിന്തയെ ഗുരുദേവൻ ആദ്യ ശ്ലോകത്തിൽ തന്നു അർത്ഥം ഒരുമാതിരി സ്പഷ്ടമായി അതിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് കടക്കാതെ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം നോക്കാം